പറയുക എന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എനിക്ക് വന്നപ്പോൾ അള്ളാഹുസുബാനഹുവായാലായ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു ലോകരക്ഷിതാവിന് പൂർണമായി കീഴടങ്ങാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു